ീമുഖീവാത്സല്യമൃതീ സുധി സങ്കീർത്ത പ്രഖ്യാത തൈഭവോ യന പഞ്ചജന്യവുഷാ ഹ വിശ്വാത്മന ക്ഷണമിഷ്ട്രമാണം ഹരി സൗഭ്യാധിതസുന്ദര തനുസിഗ്രചൂഡാമണി യോധരിയദ്ദക്ഷിണാമൂർത്തിവ്യാസംകരശ്ദിദം ജാനോത്തമാഖ്യം ദദ്വന്ദേ സിദാനന്ദപത്തിവ്രദാന്തമാത്രവാചാ ദുഖം വിനീലാ വിദുഷാ മഹാമോഹാമേ എന്താണ് സ്വപ്രതി ചിന്തിച്ചു നോക്കിയോ ചിന്തിച്ച് നോക്കിട്ട് വല്ലതും തോന്നുന്നുണ്ടോ ഉണ്ടോ ആർക്കും ഒന്നും തോന്നുന്നില്ല അങ്ങനെ ചിന്തിച്ചില്ലായെന്നർത്ഥം ഏ എങ്ങനെ എങ്ങനെ വഹാരം അധിഷ്ടജന്യം അനന്ത എല്ലാ കാര്യങ്ങളും അധിഷ്ടജന്യമാണ് വ്യവഹാരം എന്ന് പറയുന്നത് ഒരു കാര്യമാണ് അതുകൊണ്ട് അത് അതിഷ്ടജന്യം വളരെ സിമ്പിൾ ഏ ഏ സുപ്രകാശ വ്യവഹാരം എന്ന് പറയുമ്പം സുപ്രകാശം ആത്മാവപ്രകാശ എന്നുള്ള അറിവ് അത് ആ വ്യവഹാരത്തിന് ജ്ഞാനം വിഷയമാകുമോ ഇല്ലയോ വിഷയമാകുന്നെങ്കിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യും എന്താണ് വിഷയത്വം എന്ന് പറഞ്ഞാൽ അത് ഇനി ചർച്ച ചെയ്യും ഇപ്പോൾ അതൊന്നും പറയാതെന്ത് പറഞ്ഞു സ്വസംബന്ധ വ്യവഹാരം എന്നാ പറഞ്ഞത് സുപ്രകാശത്തെ സംബന്ധിക്കുന്ന വ്യവഹാരം ഇത്രേ പറഞ്ഞോളൂ വിഷയം എന്ന് പറയുമ്പോൾ അത് ചർച്ച വേറെ വഴി തിരിഞ്ഞു പോകും എന്നു വെച്ചാൽ അതിനെ കുറിച്ചുള്ള ജ്ഞാനം അല്ലെങ്കിൽ വ്യവഹാരം ഏതും എടുക്കാം വ്യവഹാരം ജന്യമായ എല്ലാത്തിനും അതിഷ്ടം കാരണമാണ് എന്ന് പറഞ്ഞു സ്വപ്രകാശം എന്ന് പറയുന്നത് ചിതാത്മാത്മാന്ന് പറഞ്ഞാൽ സ്വപ്രകാശ ചിതാത്മനെ ചിത് ആത്മാന്ന് പറഞ്ഞാൽ ചിത്തിൻ്റെ അർത്ഥം എന്താ ജ്ഞാനം ചിതാത്മാനമാണ് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അതാണ് നമ്മൾ അറിവെന്ന് വിളിക്കുന്ന സാധാരണ അറിവ് വൃത്തിജ്ഞാൻ ജന്യജ്ഞാനം അതിനം കാരണം ചിതാത്മാ ചിതാത്മാവിനെ ബാധിക്കുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞു ചിതാത്മാവിന്റെ വ്യവഹാരം എന്ന് പറയുന്നത് ചിതാത്മാ എന്നുള്ള ജ്ഞാനം ആ ചിതാത്മാവ് ജ്ഞാനമാണ് ജ്ഞാനസ്വരൂപമാണ് അതിനെ കുറിച്ചുള്ള ജ്ഞാനം അത് എങ്ങനെയുള്ള ജ്ഞാനം അപരോക്ഷ ജ്ഞാനം ചിതാത്മാവ് അപരോക്ഷമാണ് അപരോക്ഷം ജ്ഞാനരൂപമാണ് അല്ലെങ്കിൽ ചിത് ആത്മാന്ന് എന്തിനു പറയുന്നു അതിനെക്കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെയുള്ള ജ്ഞാനം ചിതാത്മാ അപരോക്ഷമാണ് എന്നുള്ള ജ്ഞാനം ദ്വിതീയജ്ഞാനം അതാണ് വ്യവഹാരം പിന്നെ പിന്നെന്താ സജാതിന്റെ സജാതീയ അനപേക്ഷത്വം എന്നുള്ള സ്ഥലത്തില് ജാതി നിഷാളത്ത് സർത്താവ് വെച്ച് നമ്മുടെ ലക്ഷണത്തെ പരിഹരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ സർത്താവ് ജാതിയായി എടുത്തു കഴിഞ്ഞാൽ സജാതിന് പല ആവശ്യങ്ങൾ വരില്ല എന്തുകൊണ്ട് സജാതീയെ ഒന്നില്ലാതെ ആവശ്യം അത് അടുത്തൊരു പ്രശ്നം സത്യ ജാതിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ സജാതി എന്ന് പറയേണ്ട കാര്യമുണ്ട് എന്തുകൊണ്ട് സജാതിയ പ്രകാശ അപ്രകാശ്യത്വം എന്ന് പറഞ്ഞിടത്ത് ശബ്ദിയ പ്രകാശ അപ്രകാശ്യത്വം എന്ന് പറയുന്നിടത്ത് ദീപത്തിൽ ലക്ഷണം പോകുന്നു എന്തുകൊണ്ട് ദീപം സജാതീയ പ്രകാശ അപ്രകാശ്യമാണ് ഘടത്തിൽ പോകുന്നു ഘടം സജാതീയ പ്രകാശ അപ്രകാശം അപ്പോൾ അവിടെ ദീപത്വജാതീയ ദീപ അപ്രകാശ്യമാണ് ദീപം ഘടത്വജാതീയ ഘട അപ്രകാശ്യമാണ് ഘടം അങ്ങനെ പോകുന്നു ഇത് എത്രാമത്തെ ലക്ഷണം മൂന്ന് അതിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജാതി എന്നുള്ളത് കൊണ്ട് സത്തേട് അപ്പോൾ ദീപത്തെ നോക്കുക സജാതീയ പ്രകാശം സത്ത സജാതീയ പ്രകാശമേതായി സത്തയായി ജാതി സജാതീയപ്രകാശമായി ജ്ഞാനം അപ്പൊ സജാതീയ പ്രകാശ്ഞാന അപ്രകാശ്യത്വം ദീപത്തിൽ പോകത്തില്ല ഘടത്തിൽ സത്യയായി ജാതി സജാതീയപ്രകാശമായി ദീപപ്രകാശം അതുകൊണ്ട് അപ്രകാശ്യം അല്ല ഘടം ദോഷത്തെ ഒഴിവാക്കാം അപ്പോൾ പറഞ്ഞു അങ്ങനെ സത്യം എടുത്തു കഴിഞ്ഞാൽ സജാതിയോ എന്ന് പറയുന്നത് വിജാതീയത്തെ വേർ മാറ്റാൻ വേണ്ടിയിട്ടാണ് സജാതിയെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഏതാ വിജാതിയും കാരണം സജാതീയ വിജാതീയ ശബ്ദങ്ങൾ പരസ്പര സാപേക്ഷ ശബ്ദങ്ങളാണ് അപ്പം സജാതി പറയുന്നത് വിജാതിയത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിജാതിയെന്ന് തോന്നുമ്പോൾ ഇവിടെ വേറെ വിജാതിയം ഇല്ല അപ്പോൾ വിജാതീയത്തെ വ്യാവർത്തിപ്പിക്കാൻ വേണ്ടി എടുത്ത സജാതിയും പിന്നെ ലക്ഷണം എന്താവും ലക്ഷണം എന്താവും പ്രകാശ അപ്രകാശ്യത്വം സജാതി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ലക്ഷണം എന്താണ് പ്രകാശ അപ്രകാശ്യത്വം പ്രകാശ അപ്രകാശ്യത്വം എന്ന് പറഞ്ഞാൽ വീണ്ടും എവിടെ പോവും ദീപത്തിൽ പോവും അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത് അതേ പ്രശ്നങ്ങൾ ഇവിടെയും വരും എന്തുകൊണ്ട് ഇവിടെ സ്വസംബന്ധ്യവഹാരേ സജാതി പറഞ്ഞാല് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ഒരു ശബ്ദം കൂടെ ചേർക്കണം ഏത് ശബ്ദം മനസിലാക്കാൻ വേണ്ടി ഏത് ശബ്ദം ചേർക്കും പുസ്തകത്തിലില്ല വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വസജാതീയ എന്ന് ചേർന്നു സ്വപ്രതിബദ്ധ്യവഹാരേ സ്വസജാതീയ പരാനപേക്ഷത്വം സ്വപ്രതിബന്ധം സ്വശബ്ദം കൊണ്ട് ദീപത്തെ എടുക്കുക അതിനെ സംബന്ധിച്ചുള്ള വ്യവഹാരത്തിൽ സ്വസജാതീയം ദീപസജാതീയമായി എന്ന് പറയുമ്പോ എന്തായി ദീപത്വം സജാതീയപര അനപേക്ഷത്വം കുഴപ്പമായി സത്തയെടുക്കുന്നു സ്വപ്രതിബന്ധ വ്യവഹാരേ ദീപസംബന്ധ വ്യവഹാരം ദീപജ്ഞാനം ദീപശബ്ദ പ്രയോഗം ഇതെല്ലാം ദീപസജാതീയമായി സത്തയെടുത്തു സജാതീയ പരമായിട്ട് എന്തിനെടുക്കും സത്ത എടുത്തുകഴിഞ്ഞ സജാതീയ പരം സജാതീയ പരം സ്വസംബന്ധ്യവഹാരേ ദീപസംബന്ധ വ്യവഹാരേ സത്ത സജാതീയമായതെന്തായി ഏ സജാതീയ പരം ദീപത്തിനും അന്യമാണ് സജാതീയപര അനപേക്ഷത്വം വരുമോ അപേക്ഷ അവഹാരത്തിലും എന്തുവരുന്നു അധിഷ്ടം ദീപ വ്യവഹാരത്തിനും അതിഷ്ടം കാരണമാണ് സത്ത സജാതീയ സത്താജാതീയപരമായ അധിഷ്ഠം അതിഷ്ട അനപേക്ഷത്വം സപേക്ഷത്വം ഇപ്പൊ ദീപത്തിൽ അതിവ്യാപ്തി ഉണ്ടാവും ദീപവ്യവഹാരത്തിൽ ദീപവ്യവഹാരത്തിൽ അത് വരുന്നില്ല ഇപ്പോൾ മുമ്പ് പറഞ്ഞ മൂന്നാമത്തെ ലക്ഷണവും ഈ ലക്ഷണവും തമ്മിൽ വ്യത്യാസം എന്താണ് ഇതും ഒരുപോലെയല്ലേ പറഞ്ഞത് അവിടെ അതുപോലെ തന്നെ പറഞ്ഞു എന്തായാലും വരുന്നത് വ്യത്യാസം അവിടെയും അത് പറയാം സജാതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സജാതീയം തന്നെ വിശേഷണം ഇവിടെ സജാതിയോ എന്ന് പറയുമ്പോൾ സത്ത കഴിഞ്ഞാൽ ഇവിടെയും വൃദ്ധമാവും എന്തുകൊണ്ട് സജാതിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നിങ്ങൾ അർത്ഥം വിജാതിയത്തിൽ നിന്ന് വേർതിരിക്കാനാണ് വിജാതി ഏതെന്ന് ഇവിടെയും ചോദിക്കാം വേർതിരിക്കാനാണ് സജാതിയോ എന്ന് പറഞ്ഞത് സജാതി പറഞ്ഞതുകൊണ്ട് സത്തയെടുത്തു സത്തയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സത്തയ്ക്ക് അപ്പുറം ഒരു പരം സത്ത അപ്പുറം ഒരു ജാതി ഇല്ല പിന്നെ വിജാതിയോ എന്ന് പറഞ്ഞ് ഏതിനെ ഒഴിവാക്കും വ്യർത്ഥമാകും പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വരുന്നത് അത് അവിടെയും അങ്ങനെ പറയാനല്ലോ സ്വജാതീയപര അന്വേഷന എടുക്കുന്നു അതിന് സ്വശബ്ദം കൊണ്ടെടുക്കുന്നു ആ ഇവിടെ പ്രത്യേകത വരുന്നു ഇവിടെ വ്യവഹാരം ഉണ്ട് അവിടെ വ്യവഹാരത്തെ കുറിച്ച് പറയുന്നുണ്ട് വ്യത്യാസം അവിടെ സ്വസജാതീയം ദീപസജാതീയുമായി ദീപം ദീപത്വജാതി എടുത്ത സത്യ എടുക്കണമെങ്കിലോ ദീപതീയം എന്തായി സജാതി പ്രകാശമാണ് ഞാൻ ദീപത്തിൽ അപ്രകാശിത്വമൊന്നുമില്ല പ്രകാശിത്വം ഇവിടെ വ്യവഹാരത്തിൻ്റെ കാര്യം പറയുന്നു ഇവിടെ വരുമ്പോൾ എന്ത് വ്യവഹാരം പറയുന്നു ഇവിടെ നേരിട്ട് ദീപത്തിന് സ്വജാതീയമായ ദീപത്വജാതി മറ്റൊരു ദീപം ഉള്ളത് കൊണ്ട് സ്വ സ്വജാതീയ പ്രകാശം അപ്രകാശത്വം ദീപത്തിൽ ഒന്നും വ്യവഹാരത്തിലേക്ക് പോയില്ല പക്ഷേ സത്യം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ദോഷം ഒഴിവായി പക്ഷെ വ്യർത്ഥ വിശേഷം വ്യർത്ഥ വിശേഷണം വിജാതീയ വ്യാപൃത്തിയില്ലെങ്കിൽ സജാതിയം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദോഷം വന്നു ഇവിടെ കൂടുതലായിട്ട് പറയുന്ന സ്വസംബന്ധ വ്യവഹാരം ദീപസംബന്ധ വ്യവഹാരം സ്വജാതീയം ദീപത്വജാതീയ പര അനുപക്ഷത്വം അനുപേക്ഷത്തോടെ വന്നു നേരത്തെ ഇവിടെ സ്വപ്രകാശ അപ്രകാശ്യത്വം വന്നു കഴിഞ്ഞാൽ ദീപത്തിൽ തന്നെ വരും ഇവിടെ ദീപ വ്യവഹാരത്തിൽ വരുന്നതാണ് വ്യത്യാസം സ്വപ്രകാശ അപ്രകാശ്യത്വം വന്നാൽ ദീപത്തിനും ഇവിടെ ദീപത്തിലല്ല വരുന്നത് വിനെയോ സ്വ സ്വസംബന്ധ്യവാര സ്വസംബന്ധ വ്യവഹാരം സ്വവ്യവഹാരം തന്നെ അവിടെ സ്വസജാതിയെ പറഞ്ഞതിന്റെ സ്ഥാനത്ത് കൂടെ എന്ത് പറഞ്ഞു സ്വവ്യവഹാരം എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞ സ്വവ്യവഹാരേ സ്വ്യവഹാരത്തിൽ സജാതീയ പരം പറയും സ്വസജാതീയപരം ഇപ്പൊ ദീപത്വം ഘടത്തും എല്ലാം എടുക്കാം അനവേഷത്വം വന്നു സ്വ്യവഹാരത്തിനു ഇപ്പൊ എന്തു പറഞ്ഞു സത്തയെടുത്തു വീണ്ടും എന്തു പറഞ്ഞു സ്വ്യവഹാരേ സജാതീയപരം സത്താതീയ പരം ദീപത്തെടുക്കാൻ പറ്റുമോ സജാതീയ പരംന്ന് പറഞ്ഞ സത്ത ഉള്ളോണ്ട് അത് പരമാവുമോ ദീപം സ്വ വ്യവഹാരം ദീപ വ്യവഹാരം അത് പരോ സച്ച എടുത്തു കഴിഞ്ഞാൽ ദീപത്തിൽ നിന്ന് ദീപം പരോ അതേ ജാതിയുള്ള വേറെ നന്നെടുത്ത വേറെ ദീപം അനപേക്ഷത്വം സ്വവ്യവഹാരത്തിൽ വ്യവഹാരത്തിലാണ് ഇവിടെ എന്തുവന്നത് അനപേക്ഷവിടെ പറഞ്ഞു ദീപത്വജാതി എടുത്തോണ്ടല്ലേ ഇത് വന്നത് സജാതീയപരമായിട്ട് ദീപത്തെടുക്കാൻ പറ്റും സ്വത്തെ എടുക്കുക അങ്ങനെ എടുക്കുക ഇപ്പൊ സ്വസംബന്ധ വ്യവഹാര ദീപ വ്യവഹാരത്തിൽ മറ്റൊരു ദീപമായിട്ടെടുക്കാം അനവേഷത്വം വന്നു വന്നേ സത്ത എടുത്തോണ്ട് ദോഷം മാറിയാ അതല്ല സ്വപ്രതിബന്ധ വ്യവഹാരേ ദീപ വ്യവഹാരത്തിൽ സജാതീയ പരം സജാതീയമായ സത്താജാതിയുള്ള മറ്റൊരു പരം അന്യദീപം മറ്റൊരു ദീപം അനപേക്ഷേ വന്നു വന്നു സത് അജാതി എടുത്തോണ്ടാ പറയുന്നു ദോഷം കാണിക്കുന്നവര് ദോഷം അങ്ങനെ ഒരു നോക്കുന്നു ദീപവ്യവഹാരത്തിൽ സത്താജാതീയപരമായ പരമായെന്ത് ഞാന് പരവേഷും അപേക്ഷ എവിടെ ഒന്നും ജ്ഞാനത്തില് അതിവ്യാപ്തി വരുന്നില്ല വരുന്ന വ്യവഹാരത്തിൽ വരില്ല പക്ഷേ ദീപത്തിൽ വരുന്നുണ്ടല്ലോ ഏ എല്ലാത്തിനും അങ്ങനെ ഒരേപോലെ അതിവ്യാപ്തി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നപ്പോ ഏ ദീപം എന്ന് പറയുന്നത് സജാതീയ പരമാണ് സത്താജാതികളുടെ പരമാണ് അപ്പൊ ഒരു ദീപ വ്യവഹാരത്തിന് മറ്റൊരു ദീപത്തിന്റെ ആവശ്യം ഇല്ല ഇല്ല ദീപ വ്യവഹാരത്തിൽ സജാതീയം സത്താലും ആ ദോഷം അതേ ദോഷം തന്നെ വരും ദിവസത്തെ ഇല്ലെന്ന് കാണിക്കുന്ന സ്ഥലം മതി അതിപ്പോ ഒരു ലക്ഷണം പറയുമ്പോ ഒരിടത്ത് അതിവ്യാപ്തി ഇല്ലെന്ന് വിചാരിച്ച് വേറെ അതിവ്യാപ്തി മാറോ ഒരു ലക്ഷണം പറയുന്നു ഒരു സ്ഥലത്ത് അതിവ്യാപ്തില്ല വേറെ സ്ഥലത്ത് അതിവ്യാപ്തിയുണ്ട് ഒരു സ്ഥലത്ത് ഇല്ലാത്തോണ്ട് വേറെ സ്ഥലത്തുള്ള അതിവ്യാപ്തി ഇല്ലാതാവും എങ്ങനെ എടുക്കാം എന്നുള്ള ജാതി എടുക്കാം ദീപത്തിലേ പറഞ്ഞു അപ്പൊ ദീപത്തെ എടുക്കുമ്പോഴത്തേക്ക് സജാതീയമായ ജ്ഞാനത്വജാതി എന്ന് പറയാൻ പറ്റുമോ ദീപത്വല്ലേ എടുക്കാൻ പറ്റും നേരത്തെ പറയാൻ പറഞ്ഞല്ലോ നേരത്തെ പറയാൻ പറഞ്ഞല്ലോ ഏത് സത്താജാതി എടുത്താലും ദീപത്തില് അതിവ്യാപ്തി സത്താജാതി എടുത്താലും ദോഷം ഒഴിവാക്കില്ലെന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങളല്ലേ പറയണ്ട ഞാനാണോ പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നു നിങ്ങളോട് പറഞ്ഞു ദോഷമുണ്ടോ എന്ന് ചിന്തിക്കാതിലും ഈ ദോഷം ഒഴിവാവില്ല ഏത് ജാതി എടുത്താലും ഈ ദോഷം ഒഴിവാവില്ല ഇവിടെ ജാതി എന്നുള്ളതിനോട് എന്ത് ഒഴിവാവില്ല സജാതി എന്നുള്ള വാക്ക് സജാതി എന്നുള്ള വാക്കെടുത്ത് കഴിഞ്ഞാൽ അത് എന്ത് ജാതി എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ദീപം എന്നുള്ളത് ദീപത്വജാതി എടുക്കുന്നു ദീപം തേജസ്സാണ് തേജസ്തു ജാതി എടുക്കുന്നു സജാതിയെ പരാനപേക്ഷത്വം തേജസ്വ ജാ പിന്നെ ദ്രവ്യത്വം സജാതീയപരമായി ദീപം അപേക്ഷത്വം ഇല്ലാനപേക്ഷത്വം വന്നു സത്തയെടുത്തു ജാതിപരാനപേക്ഷത്വം വന്നു ആ എല്ലായിടത്തും ഈ അതിവ്യാപ്തി ദോഷം വരുന്ന ലക്ഷ്യത്തിൽ ഇനി രണ്ടാം മൂന്നാമത്തെ ലക്ഷണത്തിന് അവിടെ എന്താണ് അവിടെ സജാതീയം സത്താ ദീപത്തിന് സജാതീയമായ പ്രകാശമായി സത്താജാതീയ പ്രകാശമായി മറ്റൊരു ദീപം ആ പ്രകാശം കൊണ്ട് ഇത് അപ്രകാശ്യമായി സജാതീയ പ്രകാശ അപ്രകാശ്യം വന്നു അപ്പൊ അവിടെയും വരുന്നു ഇതേ ദോഷം സജാതീയ പ്രകാശ അപ്രകാശം വന്നു അങ്ങനെ വരുന്നു രണ്ടും പ്രകാശമായത് കൊണ്ട് ചിതാത്മാവിൽ ജാതി എന്നുള്ള ഉണ്ടോ ആ താർക്കികന്മാരുടെ പറഞ്ഞല്ലേ ഇതൊക്കെ താർക്കിയന്മാരുടെ ബുദ്ധി അനുസരിച്ചാണ് ചർച്ച ചെയ്ത് അദ്വൈതയുടെ ഇതനുസരിച്ചല്ല ദോഷം ഞങ്ങൾ അവരുടെ സിദ്ധാന്തത്തൂടെ അംഗീകരിച്ച് വരുന്ന ദോഷങ്ങളെയാണ് പരിഹരിക്കേണ്ടത് അദ്വൈതിക്ക് ഇല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ അദ്വൈതയെ സംബന്ധിച്ചതിൽ എല്ലാ ലക്ഷങ്ങളും ശരിയാ ഒരു ലക്ഷണമൊന്നും ഏത് ലക്ഷങ്ങളും ശരിയാകും താർക്കിക പക്ഷത്തുകൂടി സമ്മതമായി വരണം അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞങ്ങൾ ചിന്തിച്ചിട്ട് വരാൻ എന്തെങ്കിലും ദോഷമുണ്ടോന്ന് പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചു വരാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ദോഷം വരത്തില്ലേ പ്രകാശ അപ്രകാശം എന്ന് പറഞ്ഞാല് സജാതീയപര അനവേഷത്വം എന്ന് പറഞ്ഞാലും ജാതി എടുക്കുമ്പം ഇവിടെ പ്രകാശത്തെ എടുക്കുന്നിടത്ത് പ്രകാശത്തെ എടുക്കുന്നിടത്താ ഈ പ്രശ്നം സജാതീയപരം ആയിട്ട് മറ്റൊരു പ്രകാശത്തെ എടുക്കാം പ്രകാശ വ്യക്തിയെടുക്കാം അതാണല്ലോ പറയുന്നത് പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണ് പ്രകാശ അപ്രകാശ്യം ഒരു പ്രകാശം കൊണ്ടും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എൻ്റെ ആവശ്യം എന്താണ് ഇനി ഘടത്തെ എടുത്തു പോവുക ഘടം ഘടത്തിൽ എന്തിരിക്കുന്നു സത്താതിരിക്കുന്നു സജാതീയപരമായി മറ്റൊരു ഘടം അതുകൊണ്ട് പ്രകാശമാണോ ഈ ഘടം സജാതീയ പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടത്തെ എടുക്കാം സജാതീയ പര പ്രകാശം പക്ഷെ മൂന്നാമത്തെ ലക്ഷണത്തിൽ പറഞ്ഞപ്പോ സജാതീയ പ്രകാശം നടത്തും അപ്പൊ വേറെ ഘടത്തെ എടുക്കാൻ പറ്റില്ല അവിടെ അതെടുക്കാൻ പറ്റില്ല പ്രകാശത്തെ എടുക്കുന്നു അപ്പോൾ ഘടത്തിലിരിക്കുന്ന സത്ത സജാതീയമായ പ്രകാശം ദീപപ്രകാശം പ്രകാശ്യമായി ഘടത്തിൽ പ്രശ്നമില്ല ഘടത്തിൽ ദോഷം വരുന്നില്ല ഇനി ഇവിടെ നോക്കുക ഘടവ്യവഹാരേ സജാതീയപരം സജാതീയമായെന്ത് ജാതി എന്തായി സത്ത സജാതീയപരമായെന്ത് ദീപം സജാതീയ പരപ്രകാശിയുമായി എന്ത് പക്ഷെ സജാതീയപരമായിട്ട് വേറെ ഘടത്തെ എടുക്കാം ഇവിടെ പ്രകാശം പറയുന്നില്ലല്ലോ സജാതീയപരമായിട്ട് എന്തെടുക്കുന്നു അത് ജാതികളുടെ വേറെ ഘടത്തെ അപ്രകാശ്യം വന്നോ ഘടത്തിൽ ഏത്തിൽ വന്നോ സജാതീയ അനപേക്ഷത്വം അത് തന്നെ സജാതീയ പര അനപേക്ഷത്വം വന്നോ ഘടത്തിന്റെ കാര്യ പറയുന്നത് ഘടകത്തിന്റെ കാര്യമല്ലേ മറന്നുപോയ ഘടവ്യവഹാരം എടുത്തു കഴിഞ്ഞാൽ ഘട ഞാൻ സജാതീയമായ മറ്റൊരു പരമായി മറ്റൊരു ഘടം സ്വജാതീയപരപ്രകാശിത്വം ഏത് ഘടകം ജ്ഞാനത്തെ ഘടം കൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റും പറ്റത്തില്ല അപ്പോ പിന്നെ അതിന് പരിഹാരം എന്താ സ്വവ്യവാരേ സ്വജാതീയപര അനപേക്ഷത്വം ളുപ്പരിഹാരം വീണ്ടും പരിഷ്കരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ദോഷം വരുന്നു ലക്ഷണത്തിൽ അങ്ങനെയും ദോഷങ്ങൾ വരാം അല്ലേ സജാതീയ സ്വരെ സജാതീയ വര അനപേക്ഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ വരാം അപ്പോൾ ഉപേക്ഷിക്കണം കൂടാതെ എന്താണ് സജാതീയം എന്ന് പറയുമ്പോൾ വിജാതീയത്തെ ഒഴിവാക്കാനാണ് കിടത്തത് അപ്പോ സത്താജാതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിജാ ജാതിയുള്ള മറ്റൊന്നില്ല അതിനൊന്നും വിജാതിയുമായൊന്നില്ല ആ ദോഷവും വരുന്നു അസംഭവല്ല ഒന്നില്ല അപ്പോൾ ലക്ഷണത്തില് നിങ്ങൾ ചേർത്തിരിക്കുന്ന വിശേഷണം ബ്രദ്ധമായി അതിന് ആ ലക്ഷണത്തെ യോജിപ്പിക്കാൻ പറ്റത്തില്ല ഇവിടെ ആ വിഷയല്ല ചർച്ചയും ഇവിടെ എന്താ പറയുന്നത് സത്തായ സജാതീയത്വ വ്യവഹാരത്വാവി സത്തയാ സജ അധിഷ്ഠാതി ജന്നതയാ തത് അപേക്ഷത്വന ലക്ഷണത്തിൽ ഇത് വേറെ ദോഷമാണെന്ന് പറയുന്നു സത്തയാ സജാതീയത്വത്തു എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു അപ്പോ ചിതാത്മ വ്യവഹാരം അതിനെടുക്കുന്നു അപ്പോൾ സജാതീയ സ്വസജാതീയ ചിതാത്മാജാതിയുമായി സത്തയുള്ള എല്ലാം ഇവിടെ എന്തിനെടുക്കുന്നു അധിഷ്ഠത്തിനെടുക്കുന്നു ഇപ്പൊ സജാതീയപരമായ എന്ത് അധിഷ്ഠം സജാതീയപര സജാതീയപര അനപേക്ഷത്വം വ്യവഹാരത്തിൽ വരുന്നില്ല എന്നാണ് പുറപക്ഷ പറയുന്നത് സജാതീയപരമായിട്ട് അതിഷ്ടത്തെ എടുത്താൽ അനവേഷത്വം വ്യവഹാരത്തിൽ വരുന്നില്ല അപേക്ഷത്വം വരുന്നു എന്നുവെച്ചാൽ ലക്ഷ്യത്തിൽ ചിതാത്മ വ്യവഹാരത്തിൽ ലക്ഷണം ശരിയായോ എല്ലാ ദോഷങ്ങളും ദോഷങ്ങളുണ്ട് കഴിഞ്ഞോ ഇനി എന്തെങ്കിലും ദോഷം നിങ്ങൾ കാണാൻ തോന്നുന്നുണ്ടോ അങ്ങനെ ഏ ആ അതെന്താണ് പറയുന്നത് സ്വസത്തായം പ്രകാശ വ്യതിരേക വിരഹിതത്വം ആണ് പറയുന്നത് ഇപ്പോൾ നോക്കുക സ്വസംബന്ധ വ്യവഹാരേ പറയ സുഖത്തെ സുഖവ്യവഹാരത്തെടുക്കണം സ്വസംബന്ധ വ്യവഹാരേ സുഖവ്യവഹാരം സുഖവരാന്ന് വെച്ചാൽ സുഖത്തെക്കുറിച്ചുള്ള സാക്ഷി ഞാൻ സജാതീയ പരം ഒന്നാണ് സുഖത്തിലിരിക്കുന്ന ജാതി എന്താണ് ഊണത്തോ ഇരിക്കാം സുഖത്തോ ഇരിക്കാം സത്തയിരിക്കാം അപ്പോ സ്വജാതീയ പരമായി എന്ത് അധിഷ്ഠം സജാതിയെ പര എന്താണ് അപേക്ഷത്വം അപ്പൊ സുഖത്തിൽ പോകുന്നില്ല അതിവ്യാപ്തില്ല സുഖവ്യവഹാരത്തിൽ അതിവ്യാപ്തില്ല ഉണ്ടാകും കാരണം സുഖവ്യവഹാരം ഇതിലെന്താണ് സ്വപ്രതിബന്ധ സ്വസജാതിയം സുഖ സജാതിയും സത്തയിലൂടെ സജാതിയുമായെന്ത് അധിഷ്ഠം അപ്പോ സുഖപ്രത്യക്ഷവും സാക്ഷിജ്ഞാനമാണെങ്കിലും ജന്യമാണ് ജ്ഞാനം അപ്പോൾ അതിനധിഷ്ടം കാരണമായി സജാതി പരാതിഷ്ഠ അനപേക്ഷത്വം വരുന്നില്ല എന്തുകൊണ്ട് അതിഷ്ടത്തെ അപേക്ഷിക്കുന്നു ഇവ സുഖത്തിലതിവ്യാപ്തിയില്ല വേറൊരു ഗുണത്തിൽ സുഖവ്യവഹാരത്തിൽ അതിവ്യാപ്തിയില്ല എങ്ങനെ അതിവ്യാപ്തിയല്ലോ മതിയല്ലോ ഒരിടത്ത് ദോഷം കാണിച്ചാ മതിയല്ലോ അതിഷ്ടത്തില്ലോ ഏ അധിഷ്ടോഷം അധിഷ്ഠത്തെടുക്കുമ്പോഴത്തേക്ക് സത്തയിലൂടെ സജാതീയപരമായി അതിനപേക്ഷിക്കുന്നു അനപേക്ഷത്വം വരണ്ടേ എന്നാലേ ലക്ഷണം സമന്വയിക്കൂടെ അതങ്ങനെ ലക്ഷണം സമന്വയിക്കുമ്പോഴല്ലേ അല്ല ഇവിടെ പറഞ്ഞ അവിടെ അതിവ്യാപ്തി ഉണ്ടാവൂന്ന് പറഞ്ഞു ആ ഇല്ലെന്നാ പറയുന്നു അതിവ്യാപ്തില്ല വേറൊരു ഗുണത്തെടുത്താൽ വേറൊരു ഗുണത്തെടുത്താൽ അതിവ്യാപ്തി ആ സുഖവ്യവഹാരം സുഖത്തിന്റെ ജ്ഞാനം സുഖത്തിന്റെ ജ്ഞാനത്തിന് സജാതീയ പരം ഗുണ വേറൊരു ഗുണത്തെ സത്തയുള്ള വേറൊരു ഗുണം മനസ്സ് സജാതീയ പരംന്ന് പറയുന്നത് അതെടുത്തു കഴിഞ്ഞു സജാതീയം അപ്പോ സുഖവ്യവഹാരത്തിൽ ഗോവിനെടുക്കുന്നു സജാതി പരമായി ഗോ സത്ത എടുത്തപ്പോൾ സജാതിരത്തെ അപ്പ വരുന്നില്ല അല്ലേ സുഖത്തിന് പോയി സജാതീയമായ പരമായി പോ അങ്ങനെയാണെങ്കിൽ എവിടെയും വരാമല്ലോ ഇവിടെ മാത്രമല്ലല്ലോ സുഖം വരെ പോകുന്ന ഏതിനും വരും എന്താണോ എവിടെയും വരും അതിവ്യാപ്തി സജാതീയപരമായിട്ട് വേറെ എന്തിനാണുതാണ് ഇപ്പോ ഇവിടെ ചിതാത്മാവിൽ തന്നെ എടുക്കുന്നു ചിതാത്മ ജ്ഞാനം ചിതാത്മ വ്യവഹാരേ സജാതീയമായ പരമായി ഗോ അനാപേക്ഷിക്കുന്നുണ്ടോ സജാതി അനവേഷത്തോന്നു പറഞ്ഞു ഏഹ് പറഞ്ഞ ലക്ഷണം ദോഷ ആ ത്വമാണ് ഏതിനെടുത്താലും സജാതീയപരാനുപേക്ഷത്വം ചിതാത്മവ്യവഹാരത്തിൽ വരുന്നുണ്ട് ചിതാത്മവ്യവഹാരത്തിലാകുമ്പം ദോഷമില്ല സുഖവ്യവഹാരത്തിൽ സജാതീയപരമായിട്ട് മറ്റൊരു സുഖത്തെ എടുക്കും ദീപത്തെ എടുത്തതുപോലെ അനപേക്ഷത്തിൽ അതിവ്യാപ്തി അത് ദീപ വ്യവഹാരത്തിൽ വന്ന അതിവ്യാപ്തിയായി ഒഴിവാക്കാമെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കും ദീപ വ്യവഹാരത്തിൽ ദീപവ്യവഹാരത്തിൽ അറിയാത്തു പറയുന്നതുകൊണ്ടാണെന്ന് പറയുന്നത് ദീപ വ്യവഹാരം ദീപജ്ഞാനം സജാതീയമായ പരം മറ്റു ദീപം അനപേക്ഷത്തുമെന്ന് ഇതേ വ്യക്തിയല്ലാണ് എല്ലായിടത്തും അപ്പോൾ അത് ദീപ വ്യവഹാരത്തിൽ ും ദീപ്യവഹാരത്തിൽ അങ്ങനെ ഒഴിവാക്കും ഒഴിവാക്കും ഒഴിവാക്കാൻ കഴിയില്ല സത്താജാതി എടുത്തിന് അപ്പതന്നെ ദോഷം വന്നല്ലോ ഒഴിവാക്കാൻ കഴിയില്ല സത്താജാതി എടുത്തതിനാല് ദോഷം വന്നല്ലോ ദോഷത്തെങ്ങനെ ഒഴിവാക്കുന്നു ചന്ദിക്കണം ദോഷം വരുന്നു ഈ ലക്ഷണത്തിൽ ഇപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു അധിഷ്ഠാദേഹി സർവോത്പത്തി നിമിത്തയ സത്താവത്തയ തജ്ജന്യ വ്യവഹാരസ്യ അതിഷ്ടജന്യ വ്യവഹാരത്തിന് സജാതീയപര സാപേക്ഷതയോ അതിഷ്ടജന്യ വ്യവഹാരത്തിന് എന്തോരും സജാതീയപര സാപേക്ഷത്വമെന്ന് അല്ലേ അപ്പോൾ ഇവിടെ വ്യാഖ്യാതവും പറയുന്നത് എന്താണ് തജ്ജന്യ വ്യവഹാരം സാപേക്ഷത്വം എന്ന കാര്യമാണ് പറയുന്നത് അപ്പോ ചിതാത്മവ്യവഹാരത്തിൽ സ്വവ്യവഹാരേ സജാതീയ പര അപേക്ഷത്വം അങ്ങനെ ലക്ഷണം പറഞ്ഞപ്പോൾ ഇതാണ് ഇവിടെ ദോഷം വന്നിരിക്കുന്നത് ശരി ഈ ലക്ഷണം എന്തിനാ പറഞ്ഞത് സ്വപ്രകാശത്തിനാണ് ലക്ഷണം പറഞ്ഞത് അപ്പൊ ലക്ഷണത്തെവിടെയാ സമന്യിപ്പിക്കേണ്ടത് എവിടെ ഇപ്പൊ എവിടെ സമന്യിപ്പിച്ചു അപ്പൊ പിന്നെ സ്വപ്രകാശത്തിന് ലക്ഷണം എങ്ങനെയാണ് സ്വപ്രകാശിക്കുന്നു അതല്ല ഗോവിന് ലക്ഷണം പറഞ്ഞു അശ്വത്തിൽ സമന്യിപ്പിക്കാമോ സമന് ദോഷമാണ് ഏ സമന് അപ്പൊ സമന്വയിപ്പിച്ച ദോഷം വരും അല്ലേ അപ്പോ സ്വപ്രകാശമായിരിക്കുന്ന ചിതാത്മാവന് പറഞ്ഞ ലക്ഷണം സ്വപ്രകാശ വ്യവഹാരത്തിൽ സമന്വയിപ്പിച്ചാൽ ദോഷം വരും മുഴുവൻ പിന്നെ അത് എവിടെ അതാണല്ലോ സമീപിക്കേണ്ടത് ലക്ഷണം അനപേക്ഷത്വം ഇവിടെ വരുന്നോകുന്നത് അപേക്ഷത്തിൽ അപേക്ഷ അനപേക്ഷത്തിൽ വന്നത് എവിടെയാ സമന്യിപ്പിക്കേണ്ടത് എന്തിനാണ് ലക്ഷണം പറഞ്ഞത് ഹിതാത്മാവിന് ഇപ്പൊ എവിടെ സമന്യിപ്പിച്ചത് മുഴുവൻ ഇത് മുഴുവൻ ചേരുമ്പോഴേ ലക്ഷണമാകത്തുള്ളൂ സ്വപ്രതിബദ്ധാരെ സജാതീയ പരാനപേക്ഷത്വം മൊത്തമല്ലേ ലക്ഷണം പിന്നെ ശാസനാദിമത്വം എന്ന് പറഞ്ഞാൽ എവിടെ സമന്വയിക്കും ഗോവിന് മത്വം എവിടെ വരുന്നു അതാണെന്ത് ലക്ഷ്യം ലക്ഷ്യത്തിൽ എത്തും സമന്വയിപ്പിക്കുന്നു വ്യവഹാര പരാനപേക്ഷത്വം എന്നുള്ളത് സ്വപ്രതിബദ്ധ വ്യവഹാരത്തിന് തന്നെ ലക്ഷണമായി അല്ലെ ആ അത് ഞാൻ ചോദിക്കുന്നതാണോ ദോഷങ്ങളുണ്ടോ എന്ന് നോക്കി വരാൻ പറഞ്ഞ ചിതാത്മാവിന് പറഞ്ഞത് സ്വപ്രതി അതിന് ആദ്യത്തെ പദമായ സ്വപ്രതിബദ്ധ വ്യവഹാരത്തിന് തന്നെ അത് ലക്ഷണമായി മാറി സ്വപ്രതിബദ്ധ വ്യവഹാരത്തിൽ എന്ത് ചെയ്തു സ്വപ്രതിബദ്ധ വ്യവഹാരത്തിൽ സ്വജാതീയപരാനപേക്ഷത്വം വന്നപ്പോൾ എന്ത് ചെയ്തോ സ്വപ്രതിബന്ധ ലക്ഷണം സമന്വയിച്ചു വന്നില്ല അതായത് സജാതീയപരാനപേക്ഷത്വം എന്ന് പറഞ്ഞാൽ ചിതാത്മ വ്യവഹാരത്തിൽ സജാതീയപരാനപേക്ഷത്വം സമന്വയിച്ചു ആ സമന്വയിപ്പിച്ചതിലുള്ള ദോഷമാണ് അതിഷ്ടം കൊണ്ട് അതിർഷ്ടത്തെ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞത് പക്ഷെ ഇവിടെ ലക്ഷണം ഇവിടെ സമന്വയിച്ചു സ്വപ്രതിബന്ധ വ്യവഹാരെ സ്വജാതീയപരാനപേക്ഷത്വം എന്ന് പറയുന്ന തിബന്ധ വ്യവഹാരത്തിൽ സമന്വയിച്ചു അപ്പൊ ഇത് അതിവ്യാപ്തിയും ആദ്യത്തെ അസംഭവം ഏ ആദ്യത്തെ അസംഭവം രണ്ടാമത്തെ അതിവ്യാപ്തി അതായത് ലക്ഷ്യമായ ചിതാക പറഞ്ഞ ആ ലക്ഷണം സമന്വയിച്ചത് എവിടെ ചിതാത്മ വ്യവഹാരത്തിൽ അപ്പൊ അലക്ഷ്യത്തിൽ ലക്ഷണം സമന്വയിച്ച അതിവ്യാപ്തി അതിവ്യാപ്തി അദൃഷ്ടങ്ങളെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസംഭവം സജാതിയപരപേക്ഷത്വം വന്നപ്പോ എന്തായാലും വ്യവഹാരത്തിൽ വരുന്നില്ല ഏഹ് വരൂ അല്ല പറയുന്നത് ഇവിടെ എങ്ങനെയാ ടീകാരനെ സമന്യിപ്പിച്ചിരിക്കുന്നു സത്താവത്തെയാ തജന്യ വിവഹാരത്തിൽ സജാതീയ പരസാപേക്ഷതയം ഏവരുടെ അത് തന്നെ സജാതീയപര സാപേക്ഷതയാ ഈ സജാതീയപര സാപേക്ഷത്വം എവിടെ വന്നു വ്യവഹാരത്തിലാവുന്നിരിക്കുന്നു വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു വ്യവഹാരത്തിൽ വന്നു ജന്യ വ്യവഹാരത്തിൽ വന്നു സജാതീയപര സാപേക്ഷത്വം അപ്പോ എന്ത് ചെയ്തോ ലക്ഷണം സമ്മയിക്കുന്നില്ല അതുകൊണ്ട് അടുത്തെന്ത് പറഞ്ഞിരിക്കുന്നു ലക്ഷണ അസംഭവ ലക്ഷണത്തിൽ അസംഭവദോഷമാണ് ലക്ഷ്യത്തിൽ ലക്ഷണം സമന്വയിക്കുന്നില്ല എവിടെ പോയി സമന്വയിച്ചു വ്യവഹാരത്തിൽ സമന്വയിച്ചു അപ്പോൾ ഈ ലക്ഷണം എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ ഒരിക്കലും സമന്വയിക്കത്തില്ല വ്യവഹാരത്തിലല്ലേ സമന്വയിച്ചത് വ്യവഹാരത്തെ സമന്വയിച്ചാലും ഇനി വ്യവഹാരത്തെ സമന്വയിച്ചില്ലെങ്കിലോ ലക്ഷ്യത്തിൽ സമന്വയിക്കില്ല വ്യവഹാരത്തെ സമന്യിച്ചില്ലെങ്കിലും ലക്ഷ്യത്തെ സമന്വയിക്കില്ല അപ്പോ ചിതാത്മാവിന് ലക്ഷണം ഉണ്ടാക്കിയ പകരം ഇവിടെ എന്തിനുണ്ടാക്കി ലക്ഷണം ചിതാത്മാ വ്യവഹാരത്തിന് ലക്ഷണം ഉണ്ടാക്കി ആ ലക്ഷണവും അതിവ്യാപ്തി ഉള്ളത് ഏ ആ ലക്ഷണം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലല്ല വേറെ എവിടെയെങ്കിലും സമന്വയിച്ചാൽ അത് അതിവ്യാപ്തി വരും പിന്നെ ലക്ഷ്യത്തിൽ ഒരിടത്ത് സമന്വയിക്കുന്നില്ല അതുകൊണ്ട് അതിവ്യാപ്തി വരണമെങ്കിൽ എന്തുവേണം വേറെടുത്ത് സമന്വയിച്ചാൽ മാത്രം പോലെ ലക്ഷ്യത്തിലും സമന്വയിക്കുന്നു അതിവ്യാപ്തി വരണമെങ്കിൽ ലക്ഷ്യത്തിൽ സമന്വയിക്കണം അലക്ഷ്യത്തിൽ സമന്വയിക്കണം എന്നുവെച്ചാൽ ലക്ഷ്യത്തിന്റെ ഏകദേശത്തിൽ സമന്വയിക്കണം ലക്ഷ്യത്തിൽ സമന്വയിക്കാന്ന് പറഞ്ഞു അതായാലും മതി എവിടെയെങ്കിലും ലക്ഷ്യത്തിൽ സമന്വയിച്ചാ എന്നാലും പറയാം എന്താണോ ആ ലക്ഷ്യത്തിൽ സമന്വയിച്ചല്ലോ എന്ന് പറയാം ഗോവിന് ലക്ഷണം പറഞ്ഞു എന്താണ് അതിവ്യാപ്തി വരുന്നത് ഗോവിന് അതിവ്യാപ്തി വരുന്നു അത് അസംഭവം അവ്യാപ്തി വരുന്നത് ഏകസംഗത്വം അങ്ങനെയുണ്ട് ഏതെങ്കിലും പശുക്കളും ഉണ്ടോ ഏകസഭം ഏ വർണം പറയും ചില ഗോക്കളില് ചെയ്ത വർണ്ണം കൊണ്ട് ചിലതിലില്ല ലക്ഷ്യത്തിൽ തന്നെ ഏകദേശത്തിലുണ്ട് ഏകദേശത്തിൽ അതിവ്യാപ്തി വരുന്നത് ശൃംഖിത്വം അപ്പോൾ എല്ലാ ഗോക്കളിലും ഉണ്ട് എന്നാൽ ഗോക്കളല്ലാത്തതിലേ ഇരിക്കുന്നു അങ്ങനെ ഒരു നിറത്തെ അതിവ്യാപ്തി വരുത്തുള്ളൂ സർവ്വ ഗോക്കളിലും വേണം എന്നാൽ ഗോവല്ലാത്തതിലേ ഇരിക്കുന്നു അപ്പോൾ ലക്ഷ്യത്തിന് മുഴുവൻ സമന്വയിച്ചിട്ട് വേറെ അടുത്ത് പോയാലേ അതിവ്യാപ്തി വരുത്തുള്ളൂ ഒരു ഭാഗത്ത് സമന്വയിച്ചാലും പോരാ ലക്ഷ്യത്തിൽ മുഴുവൻ സമന്വയിക്കുന്നു അപ്പോൾ ഈ ലക്ഷണം സമന്വയിച്ചു കഴിഞ്ഞാൽ ചിതാത്മാവിൽ അല്ല സമന്വയിക്കുന്നത് പിന്നെയോ ചിതാത്മാ വ്യവഹാരത്തിൽ സമന്വയിക്കും അപ്പോൾ ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നുണ്ടോ എന്നാ ലക്ഷ്യത്തെ സമന്വയിച്ചു അപ്പൊ ലക്ഷ്യത്തിൽ ഒരിടത്തും സമന്യിക്കാത്തോണ്ട് അസംഭവദോഷം ഇനി എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഒരു ഇനിയും ദോഷമുണ്ടോ അത് ചിന്തിച്ചിട്ട് ഒരു